ആർദർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ ഏകാഗിയായ സൈക്കിൾ സഞ്ചാരി റേഡിയോ രൂപാന്തരം സംവിധാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അന്നാണ് വയലറ്റ് സ്മിത്ത് എന്ന യുവതി ഞങ്ങളെ കാണാൻ ബേക്കർ തെരുവിലെ ഇരുന്നൂറ്റി ബി എന്ന വീട്ടിലെത്തിയത് വളരെ സങ്കീർണമായ ഒരു കേസിന്റെ അന്വേഷണത്തിലായിരുന്നതിനാൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന മറ്റു കാര്യങ്ങളിലൊന്നും എന്റെ സുഹൃത്ത് ഷെർലോക് ഹോംസിന് താൽപര്യമുണ്ടായിരുന്നില്ല എങ്കിലും തന്റെ ഉപദേശവും സഹായവും തേടി ആ സന്ധ്യാനേരത്തെത്തിയ മെലിഞ്ഞു നീണ്ട സുന്ദരിയായ മിസ് വയലറ്റിനെ അവഗണിക്കാൻ സ്വതസിദ്ധമായ കുലീനതയും മാന്യതയും അദ്ദേഹത്തെ അനുവദിച്ചതുമില്ല അതുമാത്രമല്ല തന്നെ അലട്ടുന്ന പ്രശ്നം എങ്ങനെയും ഹോംസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചേ മടങ്ങിപ്പോകൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് മിസ് വയലറ്റ് വന്നത് ഏറെക്കുറെ നിസ്സംഗമായ പരിക്ഷീണമായ ഒരു മന്ദഹാസത്തോടെ അദ്ദേഹം മിസ് വയലറ്റിനോട് ഇരിക്കാൻ അഭ്യർത്ഥിച്ചു അവരുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറായി പറയൂ മിസ് വൈലറ്റ് ഏതായാലും ആരോഗ്യ നിങ്ങളെ അലട്ടുന്നത് എന്നുറപ്പുണ്ട് കാരണം നല്ലൊരു സൈക്കിൾ യാത്രക്കാരിക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാവുമല്ലോ ശരിയാണ് മിസ്റ്റർ ഹോംസ് ഞാൻ സൈക്കിൾ ധാരാളം ചവിട്ടാറുണ്ട് പക്ഷേ താങ്കൾക്കതെങ്ങനെ മനസ്സിലായി നിങ്ങളുടെ കാലുകൾ ഞാൻ ശ്രദ്ധിച്ചു പാദങ്ങളുടെ ഇരുവശവും ചെറുതായി തേഞ്ഞിരിക്കുന്നു അത് സൈക്കിളിന്റെ പിടലിൽ നിരന്തരം ഉരയുന്നതുകൊണ്ടാവണമല്ലോ അല്ലേ ഓ താങ്കൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു സത്യത്തിൽ എന്റെ ഈ വരവിന് സൈക്കിൾ യാത്രയുമായി ബന്ധമുണ്ട് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഞാനൊന്ന് പരിശോധിച്ചോട്ടെ അതിനെന്താ ഞാൻ ചില കാര്യങ്ങൾ പറയാം കേട്ടോളൂ പറയൂ ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളൊരു ടൈപ്പിസ്റ്റാണെന്നാണ് പക്ഷേ സംഗീതമാണ് നിങ്ങളുടെ തൊഴിൽ എന്നിപ്പോൾ ബോധ്യമായി ഈ വിരൽത്തുമ്പുകൾ കണ്ടു വോട്ട്സൺ ഈ രണ്ട് തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രത്യേകതയാണിത് സംഗീതമാണ് തൊഴിൽ എന്ന് പിന്നെ എങ്ങനെ ഉറപ്പിച്ചു ആ മുഖത്തെ ആത്മീയ ഭാവം അത് ഒരു താങ്കൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ഞാൻ ഒരു സംഗീതാധ്യാപികയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ നിറം കണ്ടിട്ട് ഒരു ഗ്രാമപ്രദേശത്താണ് താമസം എന്ന് തോന്നുന്നു ഫാൺഹാമിനടുത്ത് സറയുടെ അതിർത്തിയിൽ ഓ വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണത് ആ ആകട്ടെ ഇനി വന്ന കാര്യം പറയൂ ജെയിംസ്മിത്ത് എന്നാണ് എന്റെ അച്ഛന്റെ പേര് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പഴയ ഇമ്പീരിയൽ തിയേറ്ററിലെ ഗായക സംഘത്തിൽ അംഗമായിരുന്നു അച്ഛൻ മരിച്ച ശേഷം എനിക്കും എന്റെ അമ്മയ്ക്കും ആകെ ഉണ്ടായിരുന്ന ഒരു ബന്ധു റാൽഫ് സ്മിത്ത് എന്നെന്റെ അമ്മാവൻ മാത്രമായിരുന്നു അദ്ദേഹം ആകട്ടെ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ പോയതാണ് പിന്നെ യാതൊരു വിവരവുമില്ല അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വിവരം തിരക്കിക്കൊണ്ട് ടൈംസ് പത്രത്തിൽ ഒരു പരസ്യം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഒരു ഒരു വക്കീലായിരുന്നു ആ പരസ്യം നൽകിയിരുന്നത് അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോ രണ്ടു പേരെ അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കരാത്തോസും വുഡ്ലിയും അവർ രണ്ടുപേരും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിങ്ങളുടെ അമ്മാവന്റെ സുഹൃത്തുക്കളായിരിക്കും അല്ലേ അതെ അമ്മാവൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മരിച്ചെന്നും അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ ഞങ്ങളെ അന്വേഷിച്ചതെന്നും അവർ പറഞ്ഞു ഇത്രയും ഞങ്ങളെ ഓർക്കാതിരുന്ന അമ്മാവൻ മരണസമയത്ത് അത്തരമൊരു ആഗ്രഹം പറഞ്ഞതിനെ ഞാനും അമ്മയും അത്ഭുതപ്പെട്ടു ദക്ഷിണാഫ്രിക്കയിൽ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം അമ്മാവൻ മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപാണ് എന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞത് അതോടെ അനാഥരായ ഞങ്ങൾ രണ്ടു പേരുടെയും ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടു തുടങ്ങിയെന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചുവെന്നും കരാതോസ് വിശദീകരിച്ചു ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഈ പറയുന്ന സംഭവം നടന്നിട്ട് എത്ര നാലു മാസം മുൻപ് കഴിഞ്ഞ ഡിസംബറിൽ ശരി പിന്നീട് ുഡ്ലി ഒരു വഷള്ളനാണെന്ന ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി തടിച്ച മുഖവും ചെമ്പൻ മീശയുമുള്ള അയാൾ സംസാരിക്കുന്ന സമയം മുഴുവൻ എന്നെ വല്ലാത്തൊരു രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു ഇത്രയും വൃത്തികെട്ടവനുമായി ഞാൻ സംസാരിക്കുന്നത് തന്നെ എന്റെ സിറലിന് തോന്നി ഓ അപ്പോൾ അതാണ് ആ ഭാഗ്യവാന്റെ പേര് അതെ മിസ്റ്റർ ഹോംസ് സിറിൽ മോർട്ടൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാ ഞങ്ങൾ താമസിയാതെ വിവാഹിതരാകും ഓ ഞാനെന്തിനാണ് സിറലിന്റെ പേരിവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് വുള്ളിലെ ഒരു കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നിയെന്നാണ് പക്ഷേ കുറച്ചുകൂടി മുതിർന്ന കാരത്തോസ് വളരെ മര്യാദയോടെയും ചിരിച്ചുകൊണ്ടുമാണ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നറിഞ്ഞപ്പോ അയാളുടെ പത്ത് വയസ്സുകാരി മകളെ സംഗീതം പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ അമ്മയെ തനിച്ചാക്കാൻ പ്രയാസമാണെന്ന് സൂചിപ്പിച്ചപ്പോ എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോകാനുള്ള സൗകര്യമുണ്ടാക്കാമെന്ന് അയാൾ പറഞ്ഞു അതുമാത്രമല്ല വലിയൊരു തുക ശമ്പളമായി നൽകാമെന്നും പറഞ്ഞു നിങ്ങൾ അങ്ങനെ കാരത്തേഴ്സിന്റെ മകളുടെ സംഗീതാധ്യാപികയായി അല്ലേ അതെ കാരഥേഴ്സിന്റെ ഭാര്യ മരിച്ചു പോയിരുന്നു നോക്കിയിരുന്നത് മിസിസ് നിക്സൺ എന്ന പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ മകൾ മിടുക്കിയായൊരു കുട്ടിയാണ് അങ്ങനെ ജോലി വലിയ കുഴപ്പമില്ലാന്നെനിക്ക് തോന്നി സംഗീതപ്രിയനായ കാരത്തോസ് വളരെ സ്നേഹത്തോടും അനുകമ്പയോടുമാണ് പെരുമാറുന്നത് വൈകുന്നേരങ്ങളിൽ ഞങ്ങളേറെ നേരം സംസാരിച്ചിരിക്കും ആഴ്ച അവസാനത്തിൽ ഞാൻ അമ്മയെ കാണാൻ എന്റെ വീട്ടിലേക്ക് പോകും ഒരാഴ്ചത്തെ താമസത്തിന് ആ വഷളൻ ബൂഡ്ലി കാർത്തോസിന്റെ വീട്ടിൽ വന്നതോടെ പ്രശ്നങ്ങൾ തുടങ്ങി ആ ഒരാഴ്ച ഒരു ഗുണ്ടെ പോലെ ആയിരുന്നു അയാളുടെ പെരുമാറ്റം പച്ച ശൃംഗാരവുമായി അയാൾ എന്നെ സമീപിച്ചു അയാളെ വിവാഹം ചെയ്താൽ വിലപിടിപ്പുള്ള ധാരാളം സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു ഞാൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരിക്കൽ അത്താഴ സമയത്ത് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ഭാഗ്യത്തിന് കാരത്യോസ് ആ സമയത്ത് കയറി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹം ബലം പ്രയോഗിച്ച് വുഡ്ലിയെ പിടിച്ചു മാറ്റി അതോടെ ആ ദുഷ്ടന്റെ ദേഷ്യം മുഴുവൻ ഇരുവരും തമ്മിൽ അടിപിടിയായി ഏതായാലും അതോടയാളുടെ സന്ദർശനം അവസാനിച്ചു കാരത്യോസ് ക്ഷമ ചോദിക്കുകയും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പു പറയുകയും ചെയ്തു നിങ്ങൾ അവിടെ വിട്ടു പോകുമോ എന്നയാൾ ഭയപ്പെട്ടിരിക്കണം പിന്നെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാം അതേക്കുറിച്ചാണ് എനിക്ക് താങ്കളുടെ ഉപദേശം വേണ്ടത് തീർച്ചയായും പറയൂ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വീട്ടിൽ പോകാനുള്ള കാര്യം പറഞ്ഞില്ലേ രാവിലെ ഞാൻ സൈക്കിളിൽ ഫാൻഹോം സ്റ്റേഷനിലേക്ക് തിരിക്കും അവിടെ നിന്ന് പതിനൊന്നരയ്ക്കുള്ള ട്രെയിനിൽ കയറിയാൽ എനിക്ക് സൗകര്യമായി വീട്ടിലെത്താം കാർത്തേവ്സിന്റെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തികച്ചും വിജനമാണ് സ്റ്റേഷൻ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യജീവിയോ ഒരു കുതിരവണ്ടിയോ കാണാൻ പറ്റുന്നത് ഇനിയാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത സംഭവം രണ്ടാഴ്ച മുൻപ് ഒരു ശനിയാഴ്ച ഞാൻ വിജനമായ പാതയിലൂടെ സ്റ്റേഷനിലേക്ക് സൈക്കിൾ ചവിട്ടി വരികയായിരുന്നു ഇടയ്ക്ക് ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരിനൂറടി പിറകിലായി ഒരാൾ സൈക്കിൾ ചവിട്ടി വരുന്നത് കണ്ടു കറുത്ത താടി അധികം ഉയരമില്ലാത്ത ഒരു മധ്യവയസ്കന്റേതുപോലെ തോന്നുന്ന ഒരു രൂപം സ്റ്റേഷനിൽ എത്താറായപ്പോൾ തിരിഞ്ഞു നോക്കി അപ്പോൾ അയാളെ കണ്ടില്ല ഞാൻ അതത്ര കാര്യമാക്കിയില്ല പക്ഷേ പിന്നെയും അത് അല്ലേ അതെ തിങ്കളാഴ്ച ഞാൻ വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ അതേ സ്ഥലത്ത് വെച്ച് അയാളെ കണ്ടു വ്യക്തമായി പറഞ്ഞാൽ ചാർലിംഗ്ടൺ ഹാൾ എന്ന് പറയുന്ന കെട്ടിടത്തിന്റെ സമീപത്തുള്ള കുറ്റിക്കാട് പിടിച്ച സ്ഥലത്ത് വെച്ച് അതുകൊണ്ടും അവസാനിച്ചില്ല അടുത്ത ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അത് ആവർത്തിച്ചു അയാളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ലേ അയാൾ എപ്പോഴും ഒരു ഒരു നിശ്ചിത അകലം പാലിച്ചിരുന്നു എന്നതും എന്നെ അത്ഭുതപ്പെടുത്തി അയാൾ ഒരു തരത്തിലും എന്നെ ഉപദ്രവിക്കാനോ എന്നെ മറികടന്നു പോകാനോ ശ്രമിച്ചിട്ടേയില്ല നിങ്ങൾസിനോട് പറഞ്ഞില്ലേ പറഞ്ഞു അത് കേട്ട് വിജനമായ ആ വഴിയിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നും സ്റ്റേഷനിൽ പോകാൻ ഒരു കുതിരവണ്ടി ഏർപ്പാടാക്കി തരാമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെയും എന്തോ കാരണത്താൽ കുതിരവണ്ടി എത്തിയില്ല അത് കാരണം പതിവ് പോലെ ഞാൻ സൈക്കിളിൽ തന്നെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പതിവ് സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞ രണ്ടാഴ്ചകളിലും പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നു സൈക്കിളിൽ ഏകദേശം ഇരുന്നൂറ് അടിവരെ അകലെ ആ കറുത്ത രൂപം എന്നെ ഭയപ്പെടുത്തി കറുത്ത വേഷം കറുത്ത തുണിത്തൊപ്പി കറുത്ത താടി ായില്ലെങ്കിലും എനിക്ക് എനിക്ക് ആ രൂപം നല്ല പരിചയമുള്ളതുപോലെ തോന്നി അതാരണെന്നറിയാനുള്ള ആകാംക്ഷയും ആവേശവും എനിക്ക് ധൈര്യം തന്നു ഞാൻ സൈക്കിളിന്റെ വേഗം പതുക്കെയാക്കി അയാളും അതുപോലെ വേഗം കുറച്ചു ഞാൻ സൈക്കിൾ ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ അയാളും നിർത്തി ഞാൻ പെട്ടെന്ന് സ്പീഡ് കൂട്ടി ഒരു വളവിന്റെ അപ്പുറത്തെത്തി സൈക്കിൾ നിർത്തി അയാൾക്കു വേണ്ടി കാത്തു നിന്നു അയാൾ എന്റെ പുറകെ എത്തുമെന്നും ബ്രേക്ക് പിടിച്ചു നിർത്തുന്നതിന് മുൻപ് എന്റെ മുന്നിൽ വന്ന് ചാടുമെന്നും ഞാൻ കണക്കുകൂട്ടി പക്ഷേ കുറച്ചുനേരം നിന്നിട്ടും അയാൾ വന്നില്ല ഞാൻ പുറകോട്ട് പോയി നോക്കി അയാളുടെ പൊടി പോലെ അവിടെ കണ്ടില്ല ഒരു മൈലോളം ദൂരത്തിൽ റോഡ് വിജനമായി കിടക്കുന്നത് ഞാൻ കണ്ടു പ്രധാന വഴിയിൽ നിന്ന് തിരിഞ്ഞു പോകാൻ ഇരുവശത്തും ഒരു വഴി പോലും ഇല്ലായിരുന്നു എന്നെ അതിശയിപ്പിച്ചു വളരെ രസകരം തന്നെ വളവ് തിരിച്ചു വന്നപ്പോൾ റോഡ് വിജനമായിരുന്നു എന്നു പറഞ്ഞല്ലോ എത്ര സമയത്തിനുള്ളിലാണ് ഇത് നടന്നത് ആ ഏതാണ്ട് മൂന്ന് നാല് മിനിറ്റുകൾക്കുള്ളിൽ അപ്പോൾ വന്ന വഴിയിലൂടെ അല്ല അയാൾ മടങ്ങിപ്പോയത് എന്ന് വ്യക്തം വശത്തുള്ള ഏതെങ്കിലും നടപ്പാതയിലൂടെ ആവും അയാൾ അപ്രത്യക്ഷനായത് മിക്കവാറും ആ വശത്തുള്ള ചാർലിംഗ്ടൺ ഹാളിന്റെ ഭാഗത്തേക്ക് ശരി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ് വൈലറ്റ് വേറൊന്നും പറയാനില്ല പക്ഷേ ഈ സംഭവത്തിന് ശേഷം എനിക്ക് എനിക്ക് വല്ലാത്ത ഭയം അതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അത് ദൂരെയാണ് കവൻട്രിയിലെ മിഡ്ലാൻഡ്സ് ഇലക്ട്രിക് കമ്പനിയിൽ ഇനി നിങ്ങളെ കളിപ്പിക്കാൻ അയാൾ നടത്തുന്ന കുസൃതിയായിരിക്കുമോ ഇത് ഏയ് എനിക്ക് സിറലിനെ കണ്ടാൽ തിരിച്ചറിയാം ഇയാൾക്ക് സിറലിനോളം പൊക്കമില്ല നിങ്ങൾ വളരെ സുന്ദരിയായൊരു യുവതിയാണ് നിങ്ങളെ വേറെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ ഐ മീൻ ആരാധകർ സിറലിനെ പരിചയപ്പെടുന്നതിന് മുൻപ് പലരുമുണ്ടായിരുന്നു അതിനുശേഷമോ പിന്നീട് ആ വൃത്തികെട്ട ബുഡ്ലി മാത്രമാണ് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിട്ടുള്ളത് അയാളെ എന്റെ ആരാധകൻ എന്ന് വേണമെങ്കിൽ പറയാം മറ്റാരുമില്ല എന്നുറപ്പാണോ അത് അങ്ങനെ ചോദിച്ചാൽ പറയൂ വേറെ ആരെങ്കിലും ഒരുപക്ഷെ എനിക്ക് എനിക്ക് വെറുതെ തോന്നുന്നതാവും പക്ഷേ എന്റെ കാര്യങ്ങളിൽ അമിതമായ താല്പര്യം കാണിക്കുന്നതായി തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിച്ചിരിക്കുമ്പോ തികഞ്ഞ മാന്യനാണ് അദ്ദേഹം എങ്കിലും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വലിയ ധനികനാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ പട്ടണത്തിൽ പോകും ദക്ഷിണാഫ്രിക്കയിലെ ഖനികളുടെ ഓഹരിയിൽ വലിയ താല്പര്യമാണ് അയാൾക്ക് സ്വന്തമായി കുതിരയും വണ്ടിയും ഒന്നുമില്ലേ ഇല്ല ആ ശരി മിസ്മിത് പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എന്നെ അറിയിക്കുക ഇപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസിന്റെ അന്വേഷണത്തിലാണ് എങ്കിലും നിങ്ങളുടെ പ്രശ്നത്തെ ഞാൻ ചില അന്വേഷണങ്ങൾ നടത്താം പക്ഷേ എന്നെ അറിയിക്കാതെ ഒരു നീക്കവും നിങ്ങൾ നടത്തരുത് ശരി വയ്ക്കൂളോ ശരി മിസ്റ്റർ ഹോംസ് വളരെ നന്ദി വോട്ട്സൺ ഇതുപോലുള്ള സുന്ദരിമാരുടെ ചുറ്റും പുരുഷ വണ്ടുകൾ ചുറ്റിപ്പറക്കുന്നത് സ്വാഭാവികമാണല്ലോ അതെ അതെ ഏതോ ഒരു രഹസ്യ കാമുകനാണ് എന്നതിൽ സംശയമില്ല ചില വിചിത്രമായ സൂചനകൾ ഈ കേസിലുണ്ട് അല്ലെ വോട്ട്സൺ അയാൾ എപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നതിനെ ഹോം സൂചിപ്പിക്കുന്നത് കറക്റ്റ് ആ ചാർലിംഗ്ടൺ ഹാളിൽ താമസക്കാരെങ്കിലും ഉണ്ടോ എന്നറിയണം അതിനുശേഷം കാരഥേഴ്സും മുഡ്ലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം അറിഞ്ഞിടത്തോളം രണ്ടുപേരും പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ രണ്ടു പേരും റാൽ സ്മിത്തിന്റെ ബന്ധുക്കളുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത് അതാണ് അന്വേഷിക്കേണ്ടത് അത് മാത്രമല്ല ഒരു പാട്ട് ടീച്ചർക്ക് ഇത്ര വലിയ ശമ്പളം നൽകുന്നത് എന്തിന് വലിയ പണക്കാരനായിട്ടും പട്ടണത്തിൽ നിന്നും അകലെ താമസിക്കുന്ന കരഥേസ് ഒരു കുതിര വണ്ടി വാങ്ങിയിട്ടില്ല ചോദ്യങ്ങൾ കുറേയുണ്ട് ഹോംസ് അപ്പൊ നിങ്ങൾ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കുമല്ലോ അയ്യോ വോട്ട്സൺ എനിക്ക് തീരെ സമയമില്ലാന്ന് അറിയില്ലേ പ്ലീസ് നിങ്ങളൊന്ന് അവിടെ വരെ പോകണം ഈ അവസ്ഥയിൽ ഞാൻ ഇതിൽ കുടുങ്ങിയാൽ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസിന്റെ കാര്യം ആകെ കുഴയും ശരി എന്നാണ് ഞാൻ പോകേണ്ടത് വരുന്ന തിങ്കളാഴ്ച അതായത് മിസ് വയലറ്റ് വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തണം അവൾ സൂചിപ്പിച്ച ആ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് സംഗതികൾ കണ്ടു മനസ്സിലാക്കണം പിന്നെ ചാർലിംഗ്ടൺ ഹാളിൽ ആരാണ് താമസിക്കുന്നത് എന്നും കണ്ടെത്തണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം പോയിട്ട് വരും നിങ്ങൾക്ക് ഈ യാത്ര തീർച്ചയായും ഇഷ്ടപ്പെടും മിക്കവാറും എല്ലാ കാര്യങ്ങളും മനസ്സിലായി വിശദമായി പറയോ പറയാം മിസ് വയലറ്റ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫാൺഹാം സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു അവൾ സൂചിപ്പിച്ചതുപോലെ അവിടം തികച്ചും വിജനമായിരുന്നു ചാർലിംഗ്ടൺ ഹാളിന്റെ മുഖ്യ കവാടവും അതിന്റെ ഇരുവശങ്ങളിലായി നീണ്ടുകിടക്കുന്ന റോഡിന്റെ കുറെ ഭാഗങ്ങളും ആ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായി കാണാം ഒരാൾ സൈക്കിൾ ചവിട്ടി വരുന്നത് ഞാൻ കണ്ടു കറുത്ത വേഷമാണ് ധരിച്ചിരിക്കുന്നത് കറുത്ത താടിയുമുണ്ട് അയാൾ ഹാളിന്റെ മതിൽക്കെട്ടിലെ വിടവുകൾക്കുള്ളിലൂടെ അപ്രത്യക്ഷനായി കുറച്ചു കഴിഞ്ഞപ്പോ മിസ് വയലറ്റ് സൈക്കിൾ ചവിട്ടി വരുന്നു മതിൽക്കെട്ടിനടുത്ത് എത്തിയപ്പോൾ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം കറുത്ത വേഷമിട്ട ആൾ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് സൈക്കിളിൽ അവളെ പിന്തുടരാൻ തുടങ്ങി ഓ അപ്പോൾ നിങ്ങളയാളുടെ മുഖം കണ്ടില്ലേ നല്ലവണ്ണ നിവർന്നിരുന്നാണ് വയലറ്റ് സൈക്കിൾ ചവിട്ടിയിരുന്നത് അവളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാം പക്ഷേ അവളെ പിന്തുടർന്നയാൾ ഹാൻഡിൽ ബാറിൽ തല കുഞ്ഞിച്ചിരുന്നാണ് സൈക്കിൾ ഓടിച്ചിരുന്നത് അയാളുടെ നീക്കങ്ങൾക്കൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരുന്നു അപ്പോഴും വയലറ്റ് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കുറച്ചുനേരം തിരിഞ്ഞു നോക്കിയ ശേഷം അവൾ സൈക്കിൾ നിർത്തി അവൾ നിർത്തിയ ഉടൻ തന്നെ അയാളും സൈക്കിൾ നിർത്തി പക്ഷെ മിസ് വയലറ്റിന്റെ അടുത്ത നീക്കം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അവൾ പെട്ടെന്ന് സൈക്കിൾ തിരിച്ച് അയാളുടെ നേരെ ആഞ്ഞു എന്നിട്ട് അയാൾ പിടികിട്ടിയോ എവിടെ ആദ്യം ഒന്ന് അമ്പരെന്ന അയാൾ പെട്ടെന്ന് തന്നെ സൈക്കിൾ തിരിച്ച് ചവിട്ടി രക്ഷപ്പെട്ടു അയാൾ പാഞ്ഞു പോയതോടെ അവൾ പിന്തുടരുന്നത് മതിയാക്കി സൈക്കിൾ തിരിച്ച് തന്റെ വഴിക്ക് പോയി അല്പം കഴിഞ്ഞപ്പോ ഒരു ഇരുന്നൂറ് വാര അകലെ അയാൾ അവളെ വീണ്ടും പിന്തുടർന്നു രണ്ടുപേരും ദൂരെ മറയുന്നതുവരെ ഞാൻ നോക്കി അവിടെ നിന്നു ശരി പിന്നെ നിങ്ങൾ ഞാൻ കുറച്ചുനേരം കൂടി ആ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് അയാൾ തിരിച്ചു വന്നു അതെ അയാൾ വീണ്ടും സൈക്കിളുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു കുറച്ചുനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം ചാർലിങ്ടൺ ഹാളിലേക്ക് പോയി ഞാൻ പിറകെ ഓടി മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയെങ്കിലും അയാൾ എങ്ങോട്ടു പോയി മറഞ്ഞു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അകലെ പഴകിയ ഒരു കെട്ടിടവും അതിന്റെ വലിയ ചിമ്മിനിയും മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ശരി ആ ചാർലിംഗ്ടൺ ഹാളിൽ ആരാണ് താമസിക്കുന്നതെന്ന് അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു ലണ്ടനിലെ ഒരു ഏജന്റ് വഴിയാണ് ആ വീട് വാടകയ്ക്ക് പോയതെന്ന് അറിഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് ആ ഏജന്റിന്റെ ഓഫീസിലും കയറി ഒരു മാസം മുമ്പ് വില്യംസൺ എന്നൊരാളാണ് അത് വാടകയ്ക്കെടുത്തതെന്ന് അറിയാൻ കഴിഞ്ഞു അത് മാത്രമല്ല അല്പം പ്രായമായ ഒരാളാണ് മിസ്റ്റർ വില്യംസൺ എന്നാണ് അറിഞ്ഞത് ഓ എൻറെ വാട്സൺ താങ്കൾ എന്തൊരു മണ്ടത്തനമാണ് കാട്ടിയത് ആ മതിൽ കെട്ടിന് പിറകിലാണ് താങ്കൾ കാത്തുനിൽക്കേണ്ടിയിരുന്നത് എങ്കിലയാളെ കാണാൻ സാധിക്കുമായിരുന്നു പത്ത് നൂറടി ദൂരം നിന്നത് കാരണം മിസ് വയലറ്റ് പറഞ്ഞതിൽ കൂടുതലൊന്നും നിങ്ങൾക്കും അറിയാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു കാര്യം വ്യക്തമായി അവൾക്ക് നന്നായി അറിയാവുന്ന ഒരാളാണത് അല്ലെങ്കിൽ അവളിൽ നിന്ന് അകന്നു നിൽക്കാനും മുഖമറയ്ക്കാനും അയാൾ പാടുപെടേണ്ട കാര്യമില്ല അതെ അല്ലെങ്കിൽ അയാൾ ഹാൻഡിൽ ബാറിൽ തല കുനിച്ചു വെച്ച് സൈക്കിൾ ചവിട്ടില്ലല്ലോ ഏതായാലും വോട്ട്സൺ നിങ്ങളുടെ അന്വേഷണം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഓ ശരി പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതോ നിങ്ങൾ അടുത്തുള്ള ബാറിൽ കയറണമായിരുന്നു നാട്ടിൻ പല കാര്യങ്ങളും നമുക്ക് അവിടുത്തെ മദ്യശാലകളിൽ നിന്നും അറിയാൻ കഴിയും പല വിവരങ്ങളും അവിടെ നിന്ന് കിട്ടിയനെ ഇപ്പോൾ ആകെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വില്യംസൺ എന്നൊരാളാണ് ആ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് ആ സാരമല്ല അടുത്ത ശനിയാഴ്ച മിസ് വയലറ്റ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ചില അന്വേഷണങ്ങൾ നടത്താനുണ്ട് ഇത് മിസ് വയലറ്റ് സ്മിത്തിന്റെ കത്താണ് എവിടെ മിസ്റ്റർ ഹോംസ് ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു കാർത്തേവ്സ് എന്നോട് കഴിഞ്ഞ ദിവസം വിവാഹാഭ്യർത്ഥന നടത്തി അയാളുടെ ആത്മാർഥതയിലും സ്നേഹത്തിലും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞ് ആ അഭ്യർത്ഥന നിരസിച്ചു അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാന്യതയോടെയാണ് പ്രതികരിച്ചത് വോട്ട്സൺ നമ്മുടെ സുഹൃത്ത് കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ വിചിത്രമായ സംഭവങ്ങൾക്കുള്ള സാധ്യതകൾ ഈ കേസിലുണ്ട് എന്റെ മനസ്സിലുള്ള രണ്ടു മൂന്ന് സംശയങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് പരിശോധിക്കണം ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അവിടം വരെ ഒന്ന് പോകണം വോട്ട്സൺ വോട്ട്സൺ കഥകൾ തുറക്കു ഏ അയ്യോ ഇതെന്ത് പറ്റിയ ഹോംസ് ചുണ്ട് നല്ലവണ്ണം മുറിഞ്ഞിട്ടുണ്ടല്ലോ നെറ്റിയിലാണെങ്കി ഒരു വലിയ മുഴ ശും കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ സംഗതി മോശമായില്ലാക്ടീസിന്റെ കുറവുണ്ടെങ്കിലും മൽപിടുത്തം അല്പമറിയാവുന്നതുകൊണ്ട് വലിയ പ്രയോജനം ചെയ്തു അതുകൊണ്ടാണ് ഈ രൂപത്തിലെങ്കിലും തിരിച്ചെത്താൻ കഴിഞ്ഞത് വളച്ചു കേട്ടില്ലാതെ കാര്യം പറയൂ ഹോംസ് ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ മദ്യശാലയിൽ അന്വേഷിച്ചാൽ ചില കാര്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ അവിടെ എത്തി ചിലരുമായി സംസാരിച്ചു നിങ്ങൾ പറഞ്ഞ വില്യംസൺ നരച്ച താടിയുള്ള ഒരാളാണെന്നും കുറെ വേലക്കാരോടൊപ്പമാണ് അയാൾ ചാർലിങ്ടൺ ഹാളിൽ താമസിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു അയാൾ ഒരു പള്ളിയിൽ അച്ഛനാണത്രേ പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആത്മീയതയ്ക്ക് ചേരുന്നവയല്ല എന്നാണ് അവിടുത്തെ പള്ളിയിലുള്ളവർ പറയുന്നത് അയാൾ അവരുടെ കൂട്ടത്തിൽ മുൻപുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അയാളുടെ പ്രവൃത്തികൾ അത്ര നല്ലതല്ല എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വില്യംസൺ എന്ന താമസക്കാരനെ കുറിച്ച് ചില വിവരങ്ങളെങ്കിലും അറിയാൻ കഴിഞ്ഞല്ലോ പറയട്ടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ധാരാളം ആളുകൾ അവിടെ വരാറുണ്ടെന്നും കൂട്ടത്തിൽ ചെമ്പൻമീശയുള്ള ഒരാളാണ് സ്ഥിരം സന്ദർശകനെന്നും ബാറിൽ നിന്നും ഞാൻ അറിഞ്ഞു ഇനിയാണ് രസം എന്താ സാക്ഷാൽ വുഡ്ലി രംഗപ്രവേശം ചെയ്തോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനോ നോഹിച്ചു നോക്കി ബാറിലിരുന്ന് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അയാൾ അടുത്ത മുറിയിലിരുന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ നേരെ വന്ന് ഉറക്കെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഞാൻ ആരാണ് എന്തിനാണ് വന്നത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണ് എന്നെ അടിക്കാൻ ഓങ്ങി ആ ആദ്യത്തെ അടി എനിക്ക് തറക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല ശരിക്ക് ഞാനും കൊടുത്തു അവൻ കുതിര കയറി സ്ഥലം വിട്ടു അതിനുശേഷമുള്ള എന്റെ രൂപമാണിത് ഏതായാലും അതോടെ അന്വേഷണം മതിയാക്കി ഞാനിങ്ങു പോന്നു വാട്സൺ താങ്കൾ നടത്തിയ അന്വേഷണത്തേക്കാൾ ഫലപ്രദമല്ല എന്റേതും എന്ന് ഞാൻ സമ്മതിക്കുന്നു അതെങ്കിലും സമ്മതിച്ചല്ലോ ചുണ്ടിലെ മുറിവിനും നെറ്റിയിലെ ചതുവിനുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്റെ മുറിയിലേക്ക് വന്നോളൂ നന്ദി ഡോക്ടർ വോട്ട്സൺ ഹോംസ് കാരത്തോസിന്റെ വീട്ടിലെ ജോലി മതിയാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു ഈ ശനിയാഴ്ച ഞാൻ വീട്ടിലേക്ക് പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല ഇപ്പോൾ കുതിരവണ്ടി ഉള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരാനും പോകാനും ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ ആ ദുഷ്ടൻ വൂഡ്ലി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരു നോക്ക് കണ്ടതേയുള്ളൂ അവന്റെ മുഖം ആരോ ഇടിച്ചു ചതച്ചതുപോലെയുണ്ട് അതേതായാലും നന്നായി അയാളും കാരത്തോസും എന്തിനെയോ പറ്റി വിശദമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിനുശേഷം കാരത്തോസ് വല്ലാത്ത പരവേശത്തിലാണ് വോട്ടിൽ ഇവിടെ അല്ല തങ്ങുന്നത് അടുത്തെവിടെയോ ആണ് താമസം ഞാൻ അയാളെ എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന് വിവരിക്കാൻ തന്നെ പ്രയാസമാണ് എന്തായാലും ഈ ശനിയാഴ്ചയോടെ പ്രശ്നങ്ങൾ തീരുവല്ലോ നിർത്തട്ടെ വയലറ്റ് സ്മിത്ത് കത്തിൽ പകടം ഞാൻ മടക്കുന്നു ശനിയാഴ്ച വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അവൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചുകൂടാന്നില്ല അതുകൊണ്ട് അന്ന് രാവിലെ തന്നെ നമുക്കവിടെ എത്തണം ഇത്ര ഗൗരവമുള്ള ഒരു കേസാണിതെന്ന് ഞാൻ കരുതിയില്ല നാളെയാണ് ശനിയാഴ്ച അതെ നാളെ രാവിലെ പുറപ്പെടണം നല്ല മനോഹരമായ നാട്ടിൻപുറം അല്ലേ അതേ ഹോംസ് ലണ്ടനിലെ കെട്ടിടങ്ങളുടെ ചാരുനിറം കണ്ടുമടുത്ത കണ്ണുകൾക്ക് എങ്ങും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമപ്രദേശം എന്തൊരാശ്വാസമാണ് ശരിയാണ് നമുക്ക് ശുദ്ധമായ വായു ശ്വസിച്ച് പക്ഷികളുടെ സംഗീതം ആസ്വദിച്ച് ഈ നാട്ടുപാതയിലൂടെ നടക്കാം വരൂ ദാ ആ മരങ്ങൾക്കിടയിലൂടെ താഴോട്ട് നോക്കൂ ചാർലിംഗ്ടൺ ഹോൾ കാണാം പതിവ് പോലെ ഇവിടെ ആരുമില്ല ഏസൺ ദേ സൂക്ഷിച്ചു നോക്കൂ ഒരു കുതിര ആ വഴിയിലൂടെ വരുന്നത് അതെ ഇപ്പോൾ കുതിരവണ്ടിയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര എന്ന് വയലറ്റ് എഴുതിയിരുന്നല്ലോ അത് അവളുടെ വണ്ടിയാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ ട്രെയിനിൽ തന്നെ സ്ഥലം വിടാനുള്ള പക്ഷേ ആ വണ്ടി ചാർലിംഗ്ടൺ ഹാളിന് എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്താനാവുമോ വരൂ പെട്ടെന്ന് ഈ മരങ്ങൾക്കിടയിലൂടെ താഴോട്ട് ഇറങ്ങിയാൽ മതി നമ്മൾ എന്ത് വിഡ്ഡിയിലാണ് കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്തണമായിരുന്നു വരൂ പെട്ടെന്ന് വരൂ ആ വണ്ടി വളരെ പതുക്കെയാണ് വരുന്നത് പക്ഷേ ആ കുതിര വണ്ടി ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അതിനെ തടഞ്ഞു നിർത്തൂ ഹോംസ് ഈ വണ്ടിയിൽ ആരുമില്ല എങ്കിൽ എന്തോ അപകടം സംഭവിച്ചിരിക്കണം ഇത് വയലിറ്റ് വന്ന വണ്ടിയാകും അപ്പോൾ ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ടുപോയതാകുമോ മോർഷൻ കയറൂ ഹോംസ് നിൽക്കൂ അത് കണ്ടോ സൈക്കിളിൽ ഒരാൾ ഇങ്ങോട്ട് വരുന്നു ആരാ നിങ്ങൾ ഏ നിങ്ങ സത്യം പറയണം ഇല്ലെങ്കിൽ ഇത് കണ്ടോ ഈ തോക്ക് രണ്ടുപേരോടെ ഈ കഥ കഴിക്കും നിങ്ങളെ തന്നെയാണ് അന്വേഷിക്കുന്നത് വയലറ്റ് എവിടെ നിങ്ങൾക്കറിയാം പറയൂ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അവളെവിടെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ വണ്ടിയാണല്ലോ ഇത് നിങ്ങൾ അവളെ തട്ടിയെടുത്തോ എവിടെയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് സത്യം പറ അല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ചുട്ടിക്കും സുഹൃത്തേ നിങ്ങൾ സമാധാനപ്പെടൂ ഈ കുതിര വഴിയിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതിനകത്ത് ആരുമുണ്ടായിരുന്നില്ല ദൈവമേ അവർ അവർ അവളെ തട്ടിയെടുത്തു ആ ദുഷ്ടതുല്ലിയും കള്ളപ്പാതിരി വില്യംസിനുമാണ് ഇതിനു പിന്നിൽ അവർ അവളെ എന്തും ചെയ്യും അത് അപ്പോൾ നിങ്ങൾ കൂടി അറിഞ്ഞാണ് ഈ നാടകം അല്ലേ അതൊക്കെ പിന്നെ പറയാം വരൂ നമുക്ക് അവളെ കണ്ടുപിടിക്കണം ദേ സത്യം പറയൂ നിങ്ങൾ അവളുടെ സുഹൃത്തുക്കളാണോ അതെ നിങ്ങളെ തോക്ക് മാറ്റിപ്പിടിക്കൂ അവളെ സഹായിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എങ്കിൽ എന്നോടൊപ്പം വേഗം വരൂ എന്റെ ജീവൻ കളഞ്ഞും ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവളെ ഞാൻ ഇത് കണ്ടോ ഇതിലെയാണ് അവർ പോയിരിക്കുന്നത് ചെരുപ്പിന്റെ പാടുകൾ വളരെ വ്യക്തമായി കാണാൻ ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് ഓരോ പാടും വ്യക്തമാണ് സത്യക്കു ആ പൊന്തക്കാട്ടിനു പിന്നിൽ ഒരനക്കം ആരും ഞെരങ്ങുന്ന ശബ്ദം ഇയാളാരാ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണല്ലോ വായിൽ തുണിയും തിരികിയിട്ടുണ്ട് ഓ വണ്ടിക്കാരൻ പീറ്റർ ഇവനാണ് വയലറ്റ് കയറി വണ്ടി ഓടിച്ചിരുന്നത് കുതിര വണ്ടിയിൽ നിന്ന് വയലറ്റിനെ തട്ടിയെടുത്ത് ഇവനെ കെട്ടി ഇവിടെ തള്ളിയിട്ട് അവർ കടന്നു കളഞ്ഞു അവനെ കെട്ടഴിച്ചുവിടും ശരീരത്തിൽ വലിയ പരിക്കൊന്നുമല്ല പാവം പീറ്റർ പേടിച്ചുപോയി അപ്പോ അവർ ഈ വഴി തന്നെയാണ് വന്നിരിക്കുന്നത് സംശയമില്ല ചാർലിംഗ്ടൺ ഹാളിലേക്കാണ് പോയിരിക്കുന്നത് വരൂ വേഗം വരൂ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം ാടിന് പിന്നിലുള്ള വെളിംപ്രദേശത്ത് നിന്നാണ് ആ കരച്ചിൽ വരുന്നത് അത് അവൾ തന്നെയാണ് അവർ ഇവിടെയുണ്ട് ദുഷ്ടമാർ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതാരിസ്റ്റർ ബോബ് കാർത്ത ആ കള്ള താടി എങ്ങെടുത്ത് മാറ്റിയിട്ട് ആരെ പറ്റിക്കാനാണ് നിന്റെ ഈ വേഷം കെട്ടൽ ഏതായാലും കൃത്യസമയത്ത് തന്നെ എത്തി ഞാൻ എന്റെ ഭാര്യയെ പരിചയപ്പെടുത്തട്ടെ ഇതാണ് നല്ല സുന്ദരി അല്ലേലി അതെ ഉഡ്ലി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞാനിപ്പോൾ ഇവരുടെ വിവാഹം നടത്തിക്കഴിഞ്ഞതേയുള്ളൂ ഇനി ഇവൾ ഉഡ്ലിയുടെ ഭാര്യയാണ് കള്ളപ്പാതിരി എനിക്ക് മരിക്കേണ്ടി വന്നാലും ഞാനിത് സമ്മതിക്കില്ല ആനങ്ങിപ്പോ രണ്ടുപേരും ഓ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുകയാണോ അല്പം വൈകിപ്പോയി അവൾ എന്റെ ഭാര്യയായി കഴിഞ്ഞു തോക്ക് താഴെ ഞങ്ങളെ ആശീർവദിക്കൂ ഭാര്യ നിന്റെ വിധവാസ് നിങ്ങൾ എന്താണ് കാണിച്ചത് ആ തോക്കി തരൂ നിങ്ങൾ ആരാണ് എന്റെ പേര് ഷെർലക് ഹോംസ് ഓർലക് ഹോംസ് അപ്പോൾ നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട് അല്ലേ ആ തോക്കി തരൂ പോടികൊണ്ട ആളെ ഒന്ന് നോക്കൂ പരുക്ക് ഗുരുതരമാണോ ഞാൻ നോക്കട്ടെ പീറ്റർ കുതിരവണ്ടിയിൽ പെട്ടെന്ന് പോയി ഈ കത്ത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം ശരി സാർ വില്യംസൺ പോഷൻ വരൂ നമുക്കയാളെ ആ കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോകാം പരുക്ക് സാരമുള്ളതാണോ അത്ര മാരകമാണെന്ന് തോന്നുന്നില്ല എന്ത് അവൻ ചാവില്ലെന്നോ എനിക്കിവന്റെ കഥ കഴിക്കണം ദുഷ്ടൻ മാനാഘയെ പോലെ പരിശുദ്ധിയായി ഇവൻ ഇവന്റെ ഭാര്യയായി കഴിയേണ്ടി ഇല്ല ഞാൻ സമ്മതിക്കില്ല സമാധാനപ്പെടു നിങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട മിസ് വയലറ്റ് ഒരിക്കലും വുഡ്ലിയുടെ ഭാര്യയാകില്ല കാരണങ്ങൾ ഒന്നല്ല രണ്ടാണ് ഒന്നാമതായി വിവാഹം നടത്തി കൊടുക്കാനുള്ള യോഗ്യത ഈ വില്യംസനുണ്ടോ എന്ന് സംശയമാണ് എന്തിനാ സംശയം ഞാൻ പുരോഹിതനായി വാഴിക്കപ്പെട്ടിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള യോഗ്യതയുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പുരോഹിത കുപ്പായം അഴിക്കാനുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതാ വിവാഹ ലൈസൻസ് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഏതായാലും പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നടത്തിയ വിവാഹത്തിന് ഒരു നിയമസാധുതയുമില്ല മാത്രമല്ല അങ്ങനെ വിവാഹം നടത്തുന്നത് അത്യന്തം ഗുരുതരമായ കുറ്റവുമാണ് എന്റെ കണക്കിൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് വിശദമായി ആലോചിക്കാൻ ചുരുങ്ങിയത് ഒരു പത്ത് കൊല്ലമെങ്കിലും ലഭിക്കും ജയിലിൽ പിന്നെ കാർദ്ധസ് നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിച്ചു അയാളുടെ പരുക്ക് ഗുരുതരമല്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ കൊലക്കേസിൽ പ്രതിയാകുമായിരുന്നു ശരിയാണ് പക്ഷേ ഈ പെൺകുട്ടി ആ ദുഷ്ടനിന്ന് രക്ഷിക്കാൻ ഞാനെടുത്ത മുൻകരുതലുകളെല്ലാം വെറുതെയായി എന്നറിഞ്ഞപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി ഞാനിവിളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ സ്നേഹമെന്തെന്നറിഞ്ഞത് ഇവൾ കാരണമാണ് പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വൃത്തികെട്ടവന്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ പാവം ഇവക്ക് കഴിയേണ്ടി വരുമെന്നറിഞ്ഞപ്പോ ഞാനൊരു ഭ്രാന്തനപ്പൊറയായി ഓ അപ്പോൾ നിങ്ങളായിരുന്നു മിസ് വയലറ്റിനെ പിന്തുടർന്ന അജ്ഞാതനായ സൈക്കിൾ സഞ്ചാരി അല്ലേ അതെ മിസ്റ്റർ ഹോംസ് വയലറ്റ് എന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ ഞാൻ ഒരിക്കലും അവളെ ഈ വീടിന് സമീപത്തു കൂടി ഒറ്റക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു ഈ ദുഷ്ടന്മാർ ഈ പരിസരത്ത് അവളെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇവന്മാരിൽ നിന്ന് അവളെ രക്ഷിക്കാനായിരുന്നു ഞാൻ വേഷം മാറി അല്പമകലെയായി അവളെ പിന്തുടർന്നത് നിങ്ങൾ എന്തിനാണ് വേഷം മാറിയത് ഞാൻ ആരാണെന്ന് അവൾ അറിഞ്ഞാൽ അവൾ പിന്നീട് എന്റെ വീട്ടിൽ ജോലിക്ക് എന്ന് ഞാൻ ഭയുന്നു പക്ഷേ കാരത്തേഴ്സ് വഴിയിൽ വെച്ച് സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് മിസ് വയലറ്റിനോട് പറയാമായിരുന്നു ഇങ്ങനൊരു അപകടം കാത്തിരിപ്പുണ്ടെന്ന് അവൾ അറിഞ്ഞെങ്കിൽ അപ്പോൾ തന്റെ ജോലി മതിയാക്കി അവൾ മടങ്ങില്ലേ അതെനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു അവൾ സ്നേഹിക്കുന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എനിക്ക് പ്രിയതരമായിരുന്നു അതുമാത്രമല്ല ഉള്ളിയെ കാണുന്നത് പോലും വയലറ്റിന് വെറുപ്പായിരുന്നു ഞാൻ അവളെ ഏറെ സ്നേഹിക്കുന്നു ഹോംസ് ഇതിന് നിങ്ങൾ പറയുന്ന സ്നേഹമെന്താണോ ഇതിനെ സ്വാർത്ഥതെന്നാണ് ഞാൻ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ ഈ പ്രശ്നങ്ങൾക്കിടയിലും അവിടെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ആ കമ്പി സന്ദേശം വന്നത് അതോടെ ഈ ദുഷ്ടന്മാർ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്തായിരുന്നു ആ കമ്പി സന്ദേശം മിസ് വയലറ്റിന്റെ പണക്കാരനായ അമ്മാവൻ സ്മിത്ത് മരണമടഞ്ഞു എന്നായിരുന്നു ആ സന്ദേശം ഓ അപ്പോൾ റാൽഫ് സ്മിത്ത് മരിച്ചുവെന്ന് വയലറ്റിനോടും അമ്മയോടും ആദ്യം പറഞ്ഞത് കള്ളമായിരുന്നു അല്ലെ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് എടാ കാർത്ത ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ പെണ്ണിനെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഞങ്ങളെ ഈ പോലീസുകാരന് ഒറ്റ ഭാവമെങ്കിൽ നീ ഉഡ്ലിയോട് ചെയ്തത് എനിക്ക് നിന്നോട് ചെയ്യേണ്ടി വരും സൂക്ഷിച്ചോ അയ്യോ പരിശുദ്ധനായ തിരുമേനി ഈ കേസിലെ തെളിവെല്ലാം നിങ്ങൾക്കെതിരാണ് നിങ്ങൾ മൂന്നുപേരും അതായത് കാരഥേഴ്സും വുഡ്ലിയും വില്യംസണും ചേർന്ന് ഒരു പദ്ധതിയാണിത് നിങ്ങൾ മൂന്ന് പേരും ദക്ഷിണാഫ്രിക്കക്കാരാണല്ലേ കള്ളം ഫ്രിക്ക എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നിങ്ങളുടെ ഊഹം തെറ്റിപ്പോയി മഹാനായ സത്യമാണ് ഞാനും ഉള്ളിയുമാണ് ദക്ഷിണാഫ്രിക്കാർ ഓ ശരി ഇനി ഞാൻ പറയാം നിങ്ങൾ രണ്ടു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ധനികനായ സ്മിത്തിനെ അറിയാമായിരുന്നു രോഗാതുരനായ അദ്ദേഹം അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്നും നിങ്ങൾക്കറിയാമായിരുന്നു സ്മിത്തിന്റെ കാലശേഷം അവിവാഹിതനായ അദ്ദേഹത്തിന്റെ ഭാരിച്ച സ്വത്ത് അനന്തരവൾക്ക് ലഭിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കി എന്താ ശരിയല്ലേ അതെ ശരിയാണ് അങ്ങനെ നിങ്ങൾ ഇംഗ്ലണ്ടിലെത്തി അവളെ കണ്ടുപിടിച്ചു നിങ്ങളിൽ ഒരാൾ അവളെ വിവാഹം കഴിക്കുമെന്നും അങ്ങനെ വലിയ സ്വത്തിന്റെ ഉടമയായ ശേഷം മറ്റേയാൾക്ക് അതിന്റെ ഓഹരി നൽകും എന്നുമായിരുന്നു പദ്ധതി പക്ഷേ എന്തോ കാരണത്താൽ മിസ് വയലറ്റിനെ വിവാഹം കഴിക്കാനുള്ള ചുമതല വുഡ്ലിക്കാണ് വന്നു ചേർന്നത് അതെന്തായിരുന്നു കാരണം ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ വെച്ച് ഞങ്ങളിൽ അവളെ വിവാഹം കഴിക്കുന്നത് ആര് എന്ന പ്രശ്നം തീർക്കാൻ പന്തയും വെച്ച് ചീട്ട് കളിച്ചു വുഡ്ലിയാണ് അതിൽ ജയിച്ചത് ഓ അങ്ങനെ വരട്ടെ നിങ്ങളുടെ വീട്ടിൽ മിസ് വയലറ്റിന് വലിയ ശമ്പളം നൽകി ജോലി നൽകിയതും അവിടെ വന്ന് വുഡലി ഇടയ്ക്കിടെ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു അല്ലെ അപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത് വയലറ്റിന് വുഡ്ലിയെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു നിങ്ങൾക്കാവട്ടെ അവളോട് തീവ്രമായ അനുരാഗവും വുഡ്ലി വയലറ്റിന് വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയാതെയായി അതെ ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അതിനുശേഷം നിങ്ങൾ തമ്മിൽ തെറ്റി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയൊക്കെ മറന്ന് മുഡ്ലി അയാളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി മിസ്റ്റർ ഹോംസ് താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ് നടന്നതൊക്കെ കൃത്യമായി താങ്കൾ വിവരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ വഴക്കായി തമ്മിൽ തല്ലായി പിന്നെ കുറെനാൾ ഉള്ളിയെ കാണാനില്ലായിരുന്നു ഈ കള്ളപ്പാതിരിയുമായി കൂട്ടുകൂടി അയാളിവിടെ താമസമാക്കിയത് ഞാൻ പിന്നീട് അറിഞ്ഞു വയലറ്റ് ഇതുവഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഈ വീട് തെരഞ്ഞെടുത്തതെന്നും എനിക്ക് മനസ്സിലായി ഞാൻ ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉഡ്ലി എന്റെ വീട്ടിൽ വന്നു നീ ഇത് കണ്ടോ കാർത്ത ഒരു നീ കാര്യം പറയ ഇതെന്താ ഒരു കമ്പി സന്ദേശമാണല്ലോ കയ്യിൽ കേളവൻ സ്മിത്ത് മരിച്ചു അതിന് നീ ഇത്ര സന്തോഷിക്കുന്ന ഓഹോ നീ എല്ലാം മറന്നുപോയോ ആ പെണ്ണിനെ കണ്ടപ്പോ നീ വേറൊരു ലോകത്താണല്ലോ നമ്മുടെ പദ്ധതി ഓർമ്മയില്ലേ പക്ഷേ നീ വയലറ്റിനെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാനത് സമ്മതിക്കൂല അതുമാത്രമല്ല അവർക്ക് നിന്നെ വെറുപ്പും പേടിയുമാണ് ഓ ശരി എന്നാൽ നീയൊരു കാര്യം ചെയ്യേ നീ അവളെ വിവാഹം ചെയ്തോളൂ എനിക്ക് സ്വത്തിന്റെ ഓഹരി കിട്ടിയാ മതി നീ പറയുന്നത് എനിക്ക് സമ്മതം തന്നെ പക്ഷേ എന്നെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കണ്ടേ നമുക്കതൊക്കെ ശരിയാക്കാം എങ്ങനെയും അവളെ വിവാഹം കഴിക്കണം അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അവളെ ഉപദ്രവിക്കാനൊന്നും ഞാൻ കൂട്ടു നീ നോക്കിക്കോ നീ സഹായിച്ചില്ലെങ്കി വേണ്ട ഞാൻ അവളെ കെട്ടിയിരിക്കും അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകഴിഞ്ഞു ശരി ഞാൻ പോകുന്നു ബാക്കി കാര്യങ്ങള് നീ കണ്ടു അറിഞ്ഞോളൂ ഒഡ്ലി വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയതോടെ വയലിന്റെ ജോലി ഉപേക്ഷിച്ച് അവളുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു അവൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഞാൻ കുതിര വണ്ടിയും ഏർപ്പാടാക്കി എന്നിട്ട് മനസമാധാനത്തിന് വേണ്ടി ഞാൻ പതിവ് വേഷം മാറി എന്റെ സൈക്കിളിൽ അവളെ പിന്തുടർന്നു പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് അവർ അവളെ തട്ടിയെടുത്തു നിങ്ങളെ ആ ഒഴിഞ്ഞ കുതിരവണ്ടി കണ്ടപ്പോഴാണ് അപകടം സംഭവിച്ചു കഴിഞ്ഞു എനിക്ക് ഉറപ്പായത് ആ വോഷൻ വന്നല്ലോ എങ്ങനെയുണ്ട് കുഡലിയുടെ അവസ്ഥ ഇല്ല വലിയ കുഴപ്പമില്ല അപകടനില തരണം ചെയ്തു കഴിഞ്ഞു വോട്ട്സൺ ഈ കേസിൽ ഞാനൊരു വിഡ്ഢിയെ പോലെയാണ് പെരുമാറിയത് നിങ്ങൾ ആദ്യം ഇവിടെ വന്നതിന് ശേഷം അറിയിച്ച വസ്തുതകളിൽ നിന്ന് തന്നെ ഞാൻ എല്ലാം മനസ്സിലാക്കേണ്ടതായിരുന്നു ഏതായാലും വിചിത്രമായ ഈ കേസ് ഇങ്ങനെ അവസാനിച്ചല്ലോ അകത്തെ മുറിയിലുണ്ട് പേടിച്ചു വിറച്ചുപോയി പാവം സത്യത്തിൽ അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല ശരി വിഷമിക്കട്ടെ അവളുടെ ക്ഷീണം മാറിയാൽ അവളുടെ സുഹൃത്ത് ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ വിവരമറിയിക്കണം മിസ്റ്റർ ബോബ് കരഥേസ് നിങ്ങൾ ചെയ്ത കുറ്റത്തിന് വയലറ്റിനെ സംരക്ഷിക്കുക ചെയ്തു കഴിഞ്ഞു കേസിന്റെ വിസ്താരവേളയിൽ എന്റെ മൊഴി നിങ്ങൾക്ക് സഹായകമാകും പിന്നെ നമ്മുടെ പാതിരി എന്ത് പറയുന്നു സ്വത്തിനു പകരം നിങ്ങൾക്കും കിട്ടും ശിക്ഷയുടെ പങ്ക് മിസ് വയലറ്റ് അവളുടെ അമ്മാവൻ റാൽ സ്മിത്തിന്റെ വലിയ സ്വത്തിന് അവകാശിയായി എന്ന് പിന്നീട് അറിഞ്ഞു അവളുടെ ഭർത്താവായ സിറിൽ മോർട്ടൺ ഇലക്ട്രിക്കൽ സ്ഥാപനമായ മോർട്ടൺ ആൻഡ് കന്നഡിയുടെ സീനിയർ പാർട്ട്ണറാണ് വുഡ്ലേക്ക് പത്ത് വർഷത്തേക്കും വില്യംസിന് ഏഴുവർഷത്തേക്കും തടവു ശിക്ഷ ലഭിച്ചു പാവം ബോബ് കാരിത്തേഴ്സിന്റെ ഗതി മാത്രം എന്തായി എന്നറിയാൻ കഴിഞ്ഞില്ല ആർദർ കോനൻഡോയിലിന്റെ ഷെർലക് ഹോംസ് കഥകൾ ഏകാകിയായ സൈക്കിൾ സഞ്ചാരി നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഷെർലക് ഹോംസ് അരുൺ നായർ ഡോ വാട്സൺ ഡോക്ടർ തോമസ് മാത്യു വയലറ്റ് സ്മിത്ത് നിതുന നവിൽ ബോബ് കാരഥേഴ്സ് സുദർശനൻ കുടപ്പനമൂട് വുഡ്ലി ബിജു കല്ലുവാതുക്കൽ വില്യംസൺ രജു കോലിയക്കോട് സംവിധാന സഹായം വി എൻ ദീപ അശ്വതി ബാലചന്ദ്രൻ റേഡിയോ രൂപാന്തരം സംവിധാനം എൻ വാസുദേവ് അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം